അഞ്ചാമത്തെ കുറിച്ച് പറഞ്ഞുപ്തം അസ്വപ്തൻ കാമങ്ങളെ ഒന്നും കാമിക്കുന്നില്ല അവന് സങ്കല്പങ്ങളൊന്നുമില്ല കഞ്ചന സ്വപ്നം പശ്ചിതി അറിയുന്നില്ല ആഗ്രഹിക്കുന്നില്ല തസ്വുപ്തം അതാണിവിടെ വ്യാഖ്യാനിച്ചത് സേകീഭൂതം അതേവ സ്വപ്ന മനഃസ്പന്ദനീത അവിവേകരൂപത്വന ഉച്ച പ്രജ്ഞാനഘനം എന്ന് പറയുന്നത് അവിവേകരൂപമാണ് അവിവേകമെങ്ങനെയാണെന്ന് പറയും പകലിനെട്ടുന്നത് പോലെ പകലിനെ ഇരട്ടുമൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതാണോ സൃഷ്ടിനെ സംഭവിക്കുന്നത് ഇത് ഗൃഹദാരുണ്യത്തിലും ചാന്തോകൃത്തിലും പ്രശ്നോപംശത്തിലും എല്ലാം ഈ ഭാഗങ്ങൾ വിശദമായി വരുന്നുണ്ട് ആ ഭാഗങ്ങളെല്ലാം നോക്കണം അവിടെ ഇത് വിശദീകരിക്കുന്നു യഥാ രാത്രിവും നൈശേന തമസ അവിഭജ്യമാനം സർവം ഖനമിവ തദ്പ്രജ്ഞാനോന ഇവ രാത്രിയിൽ ഇരട്ടുകൊണ്ട് അവിഭജ്യമാനം വേറെ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ സർവം ഖനമിവ ഒന്നായതുപോലെ തദ്പ്രജ്ഞാന അതുപോലെയാണ് രാത്രിയിലെ വസ്തുക്കൾ നമുക്ക് തിരിച്ചറിയാൻ വയ്യ എല്ലാം ഒന്നായതുപോലെ തോന്നും അതുപോലെ പ്രജ്ഞാനോധനനായിരിക്കുന്നു എന്ത് പ്രജ്ഞാനഭനമായിരിക്കുന്ന എന്താണ് ആ പ്രജ്ഞ ആ പ്രജ്ഞ ഇനി വരുന്ന ഭാഗങ്ങളിലും കാര്യങ്ങളും പറയും പ്രജ്ഞയുടെ സ്പന്ദനമാണ് ജഗത് സുഹൃത്തിയിൽ ആ പ്രജ്ഞ ഏകീഭവിക്കുന്നു അതുകൊണ്ട് സുഹൃത്തു നമുക്ക് വിഷയങ്ങള് വേറെ തിരിച്ചറിയാൻ കഴിയുന്നില്ല പ്രജ്ഞ നശിക്കുന്നില്ല ചിലടത്ത് പ്രജ്ഞയെന്ന് പറയും ചിലടത്ത് ചിത്തം എന്ന് പറയും ചില സ്ഥലത്ത് മനസ്സെന്ന് പറയും കാര്യയിൽ ചിലടത്ത് മായി എന്ന് പറയും ചിലടത്ത് ദേവൻ ആത്മാവ് ബ്രഹ്മം ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ് പറയുന്നത് ആ സുഷുതിയിൽ ആ ജീവഭാവം നശിക്കുന്നു സ്വാഭാവികമായ സഹജമായ ഒരു രീതിയിൽ കേവലം ആ പ്രജ്ഞ മാത്രമായി നിൽക്കുന്നു വിശേഷങ്ങളൊന്നും കൂടാതെ ഏവശബ്ദമെന്ന് ജാത്യന്തരം പ്രജ്ഞാനും ബെതിരീകീയ അസ്ഥി പ്രജ്ഞാനമല്ലാതെ അല്ലെങ്കിൽ പ്രജ്ഞയല്ലാതെ ചിത്തമല്ലാതെ മറ്റൊരു വസ്തു അവിടെ നിലനിൽക്കുന്നില്ല അത് മാത്രമേ ഉള്ളൂ ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നാണ് അതാണ് പറയുന്നത് ആദി ദൈവികവും ആദ്യ ഭൗതികവും ഈശ്വര സൃഷ്ടി തന്നെയല്ലേ ഇവ രണ്ടും തമ്മിലുള്ള ഭേദമുണ്ടാകും ഈശ്വര സൃഷ്ടി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം സുഷുദ്ധിയെ അതിന് വരുന്ന ഭാഗത്തിൽ തന്നെ അത് വിശദീകരിക്കും അടുത്ത ഈ അവസ്ഥയെ കുറിച്ച് തന്നെ പറയുന്നത് എന്താണ് യേശ സർവീശ്വര യുവൻ സർവീസിനാണ് അവൻ സർവജ്ഞനാണെന്ന് പറയുന്നു അവര് സുപ്പൻ അജ്ഞനായി ഈ സംസാരത്തിൽ മുഴുകിക്കിടന്ന ഒരുവൻ ഉറങ്ങുമ്പോൾ എങ്ങനെയാ സർവജ്ഞനും സർവീസ്വരനും ആവും അപ്പോൾ അവിടെ സർവജ്ഞൻ സർവീസനെന്ന് പറയുന്നത് ഈ സംസാരത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവനല്ല പക്ഷെ അവനെക്കുറിച്ച് തന്നെ പറയുന്നു അവൻ ഉറങ്ങുമ്പോൾ അവൻ സർവേശ്വരനും സർവജ്ഞനാകുന്നു കേവലം ഈ ജീവനല്ല അവിടെ ഉദ്ദേശിക്കുന്നു അവിടെ ഈ ജീവന്റെ എല്ലാ ഭാവങ്ങളും നശിച്ച് ആ പരമാത്മ ചൈതന്യത്തോടുകൂടി ഏകീഭവിച്ചിരിക്കുന്നവനാണ് അവിടെ സർവേശ്വരൻ സർവജ്ഞൻ എന്ന് പറയുന്നത് അവനാണ് സൃഷ്ടിക്കുന്നത് ആ സൃഷ്ടി എന്താണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ ഇനി അടുത്ത് വരുന്ന കാര്യങ്ങളിൽ പറയുന്നു ഇതിന്റെ വേഖയത്തിൽ വരുന്നു ദേവശേഷ സ്വഭാവവും സൃഷ്ടിയെ കുറിച്ച് അങ്ങേറ്റം പറയാമെന്നുള്ളത് നമ്മൾ സൃഷ്ടിക്കുന്നു പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ളത് സങ്കല്പങ്ങളുമായിട്ട് ഇവിടെ പറയുന്ന സൃഷ്ടിക്കൊരു ബന്ധമുണ്ട് അതാ ദേവന്റെ സ്വഭാവമാണ് എന്നാ പറയുന്നത് സ്വഭാവം എന്ന് പറയുന്നത് എന്താണോ അതിൽ നിന്ന് ഒരിക്കലും വേർതിരിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ് പറയുന്നത് ചിത്ത സ്പന്ദിക്കുമ്പോൾ അത് നമുക്ക് സൃഷ്ടി എന്ന് വിളിക്കാം അത് സ്പന്ദിക്കാതിരുന്നാലോ അത് തന്നെ സർവീശ്വരൻ സർവജ്ഞൻ പരബ്രഹ്മൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കരുതുന്നത് പോലെയുള്ള ഒരു നമ്മളനുഭവിക്കുന്നത് പോലെയുള്ള ഒരു ഭേദം പരമാർത്ഥത്തിൽ സൃഷ്ടിയിലും സൃഷ്ടികർത്താവിനുമില്ല അതിനാണ് അദ്വൈതമെന്ന് പറയുന്നത് അത് സൃഷ്ടിയെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും ഭേദത്തിൽ അധിഷ്ഠിതമാണ് ഒരു സൃഷ്ടികർത്താവ് അയാൾ സൃഷ്ടിച്ച സൃഷ്ടികൾ ഇങ്ങനെ അദ്വൈതത്തിൽ ഭേദത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനം ഇവിടെ പറയുന്നത് എന്താണോ അതാ സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടാവിന്റെ സ്വഭാവം തന്നെയാണ് സൃഷ്ടാവിൽ നിന്ന് വേർതിരിക്കാൻ വയ്യാത്ത ഒന്നാണ് അതുകൊണ്ട് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഭേദത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇവിടെ ആ സുഷുപ്തിയിലെത്തുമ്പോൾ പറയുന്നത് എന്താണോ അവൻ സർവജ്ഞനാണ് സർവീശ്വരനാണ് എന്ന് പറയുമ്പോൾ അവിടെ ആ ജീവഭാവത്തെ വിട്ടിട്ട് ആ പരമാത്മഭാവത്തിലാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് തർക്കങ്ങൾ വരുന്നത് ഇവിടെ തന്നെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന കാര്യം ഇപ്പൊ ഈശ്വര സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ മനസ്സിലാവും എല്ലാ ഭാവങ്ങളും സൃഷ്ടിയാണ് നമ്മൾ സങ്കല്പിക്കുന്ന എന്താണ് ആദ്യ ഭൌതികം ആധ്യാത്മികം ആദ്യ ദൈവികം എല്ലാം ജീവൻ സങ്കല്പിക്കുന്നതാണ് എല്ലാ സങ്കല്പങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതാണ് അതാരുടെ സൃഷ്ടി ഈശ്വര സൃഷ്ടി എന്ന് പറയുമ്പോഴും അത് അതിനെ നമ്മൾ തിരുത്തിരിക്കരുത് ദേവസീഷ സ്വഭാവ അതാ പരമാത്മാവിന്റെ പരമാത്മാവെന്ന ശബ്ദം കൊണ്ട് നമ്മളെന്തിനാണോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ സ്വഭാവമാണ് എന്നാ അവിടെ രണ്ടും തമ്മിൽ എന്താണ് ഭേദം നമ്മുടെ കല്പനയും നമ്മുടെ ചിന്തയിലെല്ലാം ഭേദമുണ്ട് പരമാർത്ഥത്തിൽ ഭേദമില്ല അതുപോലെ അവിടെ ചോദിക്കുന്നത് ഹിരണ്ണിഗർഭോ ഉപാസന സ്വപ്നാവസ്ഥയുടെ സമഷ്ടി സാക്ഷാത്കാരമാണ് ലക്ഷ്യമാരെ ജീവന്റെ സ്വപ്നാവസ്ഥയുടെ സമഷ്ടിയല്ല ഹിരണ് ഗർഭൻ ജീവന്റെ ജാഗ്രത്തിന്റെ സമഷ്ടിയല്ല വൈശ്വാനം ആദ്യ തന്നെ ഞാൻ പറഞ്ഞു സമഷ്ടി വൃഷ്ടി എന്ന് പറയുന്നത് കേവലം ഭൗതികമായ അല്ലെങ്കിൽ ദൃശ്യത്തെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത് ദ്രഷ്ടാവിനെ അല്ലെങ്കിൽ ചൈതന്യത്തെ ആശ്രയിച്ചിട്ട് സമഷ്ടി വഷ്ടിയില്ല അവിടെ ഒന്നേ ഉള്ളൂ പലതുള്ളടത്താണ് സമഷ്ടി വിഷ്ടി അതുകൊണ്ടാണ് പലതവണ പറഞ്ഞ എന്താണ് നമ്മുടെ ധാരണ വൃഷ്ടികൾ കൂടി ചേരുന്നതാണ് സമൃഷ്ടി എന്നാണ് അങ്ങനെയല്ല അത് ദൃശ്യപ്രപഞ്ചത്തെ സംബന്ധിച്ച് ശരിയാണ് അനേക വൃക്ഷങ്ങൾ കൂടി ചേരുന്നതാണ് വനം ചൈതന്യത്തെ സംബന്ധിച്ച് ശരിയല്ല അപ്പോൾ നമ്മൾ ജീവന്മാരുടെ സ്വപ്നം എല്ലാ സ്വപ്ന തലങ്ങളും കൂടി ചേർന്നിട്ടല്ല ഹിരണ്കർത്തനം എല്ലാം കൂടി ചേർന്ന് ഹിരണ്കർത്തനാകത്തില്ല ഓരോ ജീവൻമാരുടെയും ജാഗ്രത ഇതെല്ലാം കൂടി ചേർന്നിട്ട് പൈസരാകത്തില്ല ഓരോ ജീവന്റെയും സുഷുതി ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു അവ്യാകൃതനാകത്തില്ല നമുക്ക് സാമാന്യമായി ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടിപ്പോൾ തന്നെ എടുക്കുക അനന്തമായ ജീവന്മാർ അനന്തമായ ജീവന്മാരിൽ അനന്തമായ കാലത്തിൽ സംഭവിക്കുന്ന സുഷുതി ഒരുവൻ സുഷിതനായിരിക്കുമ്പോൾ ഒരുവൻ ജാഗ്രത ആയിരിക്കും അങ്ങനെ ഇരിക്കെ വിഭിന്ന കാലങ്ങളിൽ വിഭിന്നദേശത്തിൽ സംഭവിക്കുന്ന ഈ സുഷൃത്യാവസ്ഥ എല്ലാം കൂടി അങ്ങനെ കൂടിച്ചേരും കൂടിച്ചേരും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ തന്നെ സാധ്യ അതുകൊണ്ട് ഈ ബാഹ്യമായ അവസ്ഥകളുടെ വൃഷ്ടി ുടെകത്വമല്ല സമഷ്ടി മനസ്സോടെ പറയുന്ന സമഷ്ടി എന്ന് പറയുന്നത് എന്താണ് ആ ചൈതന്യത്തിന്റെ ഏകതയാണ് സമഷ്ടി എന്ന് പറയുന്നത് ഒരാൾ ജാഗ്രത ആയിരിക്കുമ്പം ഒരാൾ സുഷിയിലാണ് മറ്റൊരാൾ സ്വപ്നത്തിലാണ് ഇങ്ങനെയാണ് ഈ ജീവന്മാരുടെ ഗതി പക്ഷെ നമ്മൾ ധരിച്ചിട്ടുണ്ട് ഈ ജാഗ്രതയെല്ലാം കൂടി ചേരുന്ന അതിന്റെ സമഷ്ടിയാണ് സ്വപ്നത്തിന്റെ സമഷ്ടിയാണ് അങ്ങനെയല്ല ഹിരണ്യഗർഭനെന്ന് പറയുന്ന ഈ എല്ലാ സൂക്ഷ്മ തലങ്ങളെയും അല്ലെങ്കിൽ എല്ലാ സൂക്ഷ്മ ഉൾക്കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ സൂക്ഷ്മ ആധാരമായിരിക്കുന്ന ആ ചൈതന്യം അതിനാണ് ഹിരണ്ഗർഭനെന്ന് പറയുന്നത് ഹിരണ്ഗർഭ ഉപാസന എന്ന് പറയുന്നത് അതിവിടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമില്ല വേദങ്ങളും മറ്റ് ഭാഗങ്ങളിൽ വരുന്നുണ്ട് കിരണികർബ് ഉപാസനയെ കുറിച്ച് വൈശ്വാന ഉപാസനയെ കുറിച്ച് ഉപാസനവും ജ്ഞാനവും രണ്ടും രണ്ടാണ് ഇവിടെ മുഖ്യമായിട്ടും ജ്ഞാനത്തിനാണ് പ്രാധാന്യം ഉപാസനയ്ക്കെല്ലാം തത്വത്തെക്കുറിച്ച് നമ്മൾ ശ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ തത്വത്തെക്കുറിച്ച് നമ്മൾ മനനം ചെയ്യുമ്പോൾ ആ തത്വം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുകയാണ് നിരുപാധികമായി പ്രകാശിക്കുകയാണെങ്കിൽ അത് ജ്ഞാനമായി നമ്മളങ്ങനെ ശ്രവിക്കുന്നു മനനം ചെയ്യുന്നു പ്രത്യേകിച്ചൊന്ന് നമുക്കതിനെക്കുറിച്ച് ബോധ്യപ്പെടുന്നു പ്രത്യേകിച്ചൊരു പ്രകാശം ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വരുന്നില്ല അപ്പൊ പറയുന്നു അതിനെ ധ്യാനിക്കാൻ പറയുന്നു ജ്ഞാനത്തിൽ എത്താൻ കഴിയാത്തടത്താണ് പിന്നെ ധ്യാനം ആവശ്യപ്പെടുന്നത് അതൊരുപായമായി നിർദ്ദേശിക്കുന്നു ധ്യാനത്തെ അതാണോ ശ്രവണം മനനം നിതിധ്യാസനം എന്ന് പറയുന്നു ശ്രവണത്തിൽ തന്നെ തത്വം ബോധിക്കണം തവബോധസ്ഫരിക്കണെങ്ക വന്നാലോ പിന്നെ അതിനെ ധ്യാനിക്കുക ഏകാഗ്രമായ മനസ്സോടുകൂടി അതിനെ തന്നെ ചിന്തിക്കുക അപ്പൊ ജ്ഞാനം സാധ്യമല്ലാതെ വരുന്നിടത്താണ് കൂടുതൽ ഏകാഗ്രതയോടുകൂടി വീണ്ടും വീണ്ടും അത് ചിന്തിക്കേണ്ടി ആ ചിന്ത കൂടുതൽ സൂക്ഷ്മമാവുമ്പോൾ അത് ധ്യാനമായി മാറുന്നു അതുകൊണ്ട് പല ഭാഗങ്ങളിലും ഉപാസനയെ നിർദ്ദേശിക്കും ധ്യാനത്തെ നിർദ്ദേശിക്കും ആർക്കു വേണ്ടിയിട്ട് മധ്യമാധികാരിക്ക് വേണ്ടി എന്ന് പറയും ഉത്തമാധികാരിക്ക് ജ്ഞാനം മധ്യമാധികാരിക്ക് ധ്യാനം വേദത്തിന്റെ നിലപാടാണ് അതിനും ശേഷിയില്ലാത്തവനും മറ്റ് പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ അങ്ങനെ പറയുന്നു ഇവിടെ പ്രധാനമായിട്ടും ജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ തത്വം ശ്രവിക്കുമ്പോൾ ആ തത്വം ഉള്ളിൽ സ്ഫുരിക്കണം എന്നാണ് ജ്ഞാനം അത് ശ്രവണത്തിൽ സംഭവിക്കണം അല്ലെങ്കിൽ മനനത്തിൽ സംഭവിക്കണം വിചാരത്തിൽ സംഭവിക്കണം അത് ശ്രോതാവിന്റെ പക്വതയെ ആശ്രയിച്ചിരിക്കുന്നു ഗുരുവിന്റെ കൃപയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയും സർവപ്രപഞ്ചോപശമേ അദ്വൈതസിദ്ധി നമ്മൾ മുൻപ് ചർച്ച ചെയ്തെടുത്താണ് സർവപ്രപഞ്ചവും ഉപശമിക്കുമ്പോൾ അദ്വൈത സിദ്ധമാണ് പ്രപഞ്ച ഉപശമം അദ്വൈത സിദ്ധി അതങ്ങനെയും സംഭവിക്കുമോ ഇല്ല അവിടെ എന്റെ വ്യാഖ്യാതാവ് പറയും എന്താണ് ആചാര്യവാക്യാവ ആചാര്യന്റെ ഉപദേശം കൊണ്ട് മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ അല്ലാതെ തനിയെ സംഭവിക്കത്തില്ല അതാണ് ശ്രവണത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ആചാര്യൻ പറയാതെങ്ങനെ ശ്രമിക്കാൻ പറ്റും അപ്പോൾ അതൊരു വിഷയമാണ് സ്വപ്നാവസ്ഥയുടെ സമഷ്ടിയല്ല ഹിരണ്യഗർഭൻ ആ ജീവൻ സ്വപ്നാവസ്ഥയിൽ ഈ വിശ്വഭാവത്തെ വിട്ടിട്ട് അത് സൂക്ഷ്മതലമായതുകൊണ്ട് ഹിരണ്യഗർഭനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു കാരണം ഹിരണ്ഗർബന്റെ ഉപാധിയാണ് സൂക്ഷ്മം വൈശ്വാന ഉപാധിയാണ് സ്തൂനം അതിനോട് താതാമ്യപ്പെട്ടിരിക്കുന്നു സുഷുപ്തിയിൽ അന്തര്യാമിയോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു അതാണ് വ്യത്യാസം സ്വപ്നാവസ്ഥയുടെ സമൃഷ്ടി എന്ന് പറയുന്നത് അല്ല ഹിരണീകർബൻ അത് പ്രത്യേകം മനസ്സിലാകും സ്വപ്നാവസ്ഥ എപ്പോഴും മൃഷ്ടിയിലെ നിൽക്കുന്നുള്ളൂ ഓരോ കാരണം എല്ലാവരും ഒരുമിച്ച് സ്വപ്നം കാണാറില്ലല്ലോ പക്ഷെ ആ സ്വപ്നാവസ്ഥയിൽ ജീവൻ ഹിരണ്യഗർഭനോട് താതാമ്യപ്പെട്ടിരിക്കുന്നു അത്രേ സംഭവിക്കുന്നു സൃഷ്ടത്തിയിൽ അന്തരിയാമി അവിടെ അവൻ ആനന്ദഭുക്കായിരിക്കുന്നു എന്ന് പറയുന്നു അതുകൂടെ പറയുന്നു മനസ്സോ വിഷയ വിഷയി ആകാര സ്പന്ദന ആയാസ ദുഃഖാഭാവാത് ആനന്ദമയ ആനന്ദ്രായോ നാനന്ദ ഏവ സൃഷ്ടത്തിയിൽ എന്ത് സംഭവിക്കുന്നു ആ ജീവനെ സംബന്ധിച്ചിടത്തോളം വിഷയവിഷയി ആകാര സ്പന്ദനമില്ല മനസ്പന്ദനമില്ല അവിടെ നേരത്തെ പറഞ്ഞല്ലോ ചിത്തസ്പന്ദം അല്ലെങ്കിൽ മനസ്സ്പന്ദം മായാസ്പന്ദം അതാണ് ഈ ജാഗ്രത ജാഗ്രത അവിടെ ഇല്ല അത് നമ്മുടെ അനുഭവസിദ്ധമായ കാര്യമാണ് വിഷയ വിഷയ ആകാരത്തിൽ അവിടെ ആ സ്പന്ദനമില്ലാത്ത കൊണ്ട് അതിന്റേതായ ആയാസങ്ങളൊന്നുമില്ല അറിയുന്നവനായും അറിയപ്പെടുന്നതായും അറിവായും ഈ ചിത്രം സ്പന്ദിക്കുന്നു ആ സ്പന്ദിക്കുന്നതിനാണ് സംസാരമെന്ന് പറയുന്നത് അവിടെ അഹംബോധം തുടങ്ങി പ്രപഞ്ചബോധം വരെയുള്ള സർവവും അനുഭവപ്പെടും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന അനുഭവങ്ങൾ സങ്കല്പങ്ങളെല്ലാം ഉണ്ടാകും കാമക്രോധങ്ങൾ ലോഹമോഹങ്ങൾ മതമാത്സര്യങ്ങളെല്ലാം ഉണ്ടാവും അതാണ് ആയാ ഇത് സുഖമുണ്ടെങ്കിലും ഇത് ആകെ നോക്കിയാൽ ദുഃഖമാണ് ഈ ദുഃഖം അവിടെയില്ല സൃഷ്ടിയിലെ യോഗീഭവനത്തിൽ ഈ ദുഃഖം അവിടെ ഇല്ല ദുഃഖമില്ലാത്തതുകൊണ്ട് അതിനെന്തു പറയുന്നു ആനന്ദമയ ആനന്ദയുന്നു ആനന്ദപ്രായം ആനന്ദ കേവലം ആനന്ദൻ ആനന്ദം മാത്രമാണെന്നുള്ള അർത്ഥത്തിലല്ലാതെ ആനന്ദപ്രായനാണ് ഈ ജാഗരത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ മിക്കവാറും ആനന്ദം തന്നെ എന്നേ പറയാൻ പറ്റും പൂർണ്ണമായ ആനന്ദം എന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അനാത്യന്തികത്വത്യന്തികമല്ലേ നശിക്കുന്നതാണ് ആ അവസ്ഥ നശിക്കുന്നു പൂർണ്ണമായും ആനന്ദം എന്ന് അങ്ങനെ പറയാൻ വീണ്ടും അവൻ ഉണർന്ന് വീണ്ടും ആയാസത്തിലേക്ക് വരുന്നു ദുഃഖങ്ങൾ അനുഭവിക്കുന്നു അപ്പം നിരദിശയുമായ ആനന്ദമാണെങ്കിൽ അത് നശിക്കാൻ പാടില്ല സുഷത്തി നമുക്ക് നശിച്ചു പോകും അതുകൊണ്ട് പറയുന്നു അത് അനാത്യന്തികമാണോ എന്നുവെച്ചാൽ ആത്യന്തികമല്ല എന്നുവെച്ചാൽ നിത്യമല്ല നശിക്കുന്നതാണോ സുഷുത്തി നശിക്കുന്നതാണോ പിന്നെ ആ സുഖത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഏതിനോട് കുമ്മിക്കാം യഥാ ലോകെ നിരായ സിതഹ സുഖി ആനന്ദഭുച്ചിത് വലിയൊരു ഭാരം തല്ലിലെടുത്തുകൊണ്ടൊരാൾ നിൽക്കുന്നു ആ ഭാരം താഴേക്ക് ഇറക്കി വെച്ചു അയാൾക്കൊരു സ്വസ്ഥത സുഖം അനുഭവപ്പെടുന്നു അസുഖം ഏതുവരെ നിൽക്കും വീണ്ടും ആ ഭാരം തെളിയിക്കേറ്റുന്നതുവരെ അതുപോലെയുള്ളു അവനാണ് നിരായാസസ്ഥിതി എന്ന് പറയുന്നത് ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ സുഷിലത്രേ സംഭവിക്കുന്നുള്ളു അതാണ് നിരായാസസ്ഥിത സുഖി അയാസരഹിതനായിരിക്കുന്നവൻ സുഖി ആനന്ദഭുക് അവൻ ആനന്ദത്തെ അനുഭവിക്കുന്നു സുഖിയാണ് എന്ന് പറയുന്നു അത്രമാത്രമേ സംഭവിക്കുന്നുള്ളൂ കാരണം അടുത്ത നിമിഷം വീണ്ടും ഇവനീ ആ ഭാരത്തെ ജാഗ്രത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് ആനന്ദഭുക് എന്ന് പറയുന്നു അത്യന്ത അനായാസരൂപീയം സ്ഥിതി അനേന അനുഭൂയതേ ഈ ആനന്ദഭുക് ഈ പ്രാജ്ഞൻ അത്യന്ത അനായാസമാണ് ആ ഒരു അവസ്ഥയിൽ എങ്കിലും അത്യന്തം അനായാസമായ ഒരു സ്ഥിതി ഇവൻ അനുഭവിക്കുന്നു അതുകൊണ്ടിവനെ ആനന്ദഭു എന്നുപറയുന്നു യേശോസ്യ പരമ ആനന്ദ ഇതവന്റെ പരമമായ ആനന്ദമാണ് എന്നും പറയുന്നുണ്ട് എന്താണ് അവിടുത്തെ ആ ഏകീഭവനമോ അന്തര്യാമിയോട് അവൻ ഏകീഭവിച്ചിരിക്കുന്നു താത്കാലികമായിട്ടാണെങ്കിൽ അതുകൊണ്ടത് പരമമായ ആനന്ദമാണ് അതിനെ പരമമായ ആനന്ദംന്ന് എന്തുകൊണ്ട് പറഞ്ഞു ജാഗ്രതത്തിലും സ്വപ്നത്തിലും അനുഭവിക്കുന്ന ആനന്ദത്തെക്കാളല്ല അത് പരമമാണ് ശ്രേഷ്ഠമാണ് അത് മാത്രമല്ല ജാഗ്രതത്തിലും സ്വപ്നത്തിനും സ്വപ്നത്തിനും ആനന്ദം അനുഭവിക്കണമെങ്കിൽ എന്തുവേണം അവിടെ പാൽപ്പായസം കുടിച്ചാലേ പറ്റും ജാഗ്രതത്തിനും ആനന്ദം അനുഭവിക്കണമെങ്കിൽ എന്തുവേണം എന്തെങ്കിലും ഉപായങ്ങൾ വേണം പാൽ പായസം കുറിച്ചാലും ജാഗ്രത ആനന്ദം അനുഭവിക്കാൻ പറ്റും ഇവിടെയെല്ലാം ആനന്ദം അനുഭവിക്കുന്നത് എന്തെങ്കിലും സാധനങ്ങളിലൂടെയാണോ ഉപായങ്ങളിലൂടെയാണ് സുഹൃത്തിയിലാണെങ്കിലോ അവിടെ യാതൊരു സാധനകളെയും അവലംബിക്കുന്നില്ല ഭാരത്തെ ഇറക്കി വെച്ചുകൊന്നെയാണ് ഭാരത്തെ ഇറക്കി വയ്ക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖം മറ്റെന്തെങ്കിലും കൊണ്ട് നേടുന്നതാണ് അവിടെ ആ സുഖത്തിനു വേണ്ടി നമ്മൾ എന്തിനെങ്കിലും ആശ്രയിച്ചു ഒന്നുമില്ല തലയിലിരുന്ന ചൂട് താഴോട്ടിറങ്ങിയാണ് മറ്റെന്തെങ്കിലും ഒരു ഉപായത്തെ ആശ്രയിച്ചിട്ടില്ല ആ സുഖത്തിനു വേണ്ടി നമ്മൾ പായസം കുടിച്ചിട്ടില്ല എന്നുവെച്ചാൽ സാധനങ്ങളെ ഒന്നും അവലംബിക്കാതെയുള്ള സുഖം അതാണ് സുഷിത്വന്റെ സുഖം അതുകൊണ്ട് തന്നെ പരമാനന്ദമെന്ന് പറയുന്നു അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം സുഷൃത്തിയിൽ പരവുമായ ആനന്ദത്തെ അനുഭവിക്കുന്നു സുഷുതിയിൽ പ്രപഞ്ചമില്ല സുഷുതിയാണ് ഇവിടെ പറയും പ്രഭയോഹിഭൂതാനാം ഇതാണ് സൃഷ്ടിയുടെ സ്ഥാനം ഇതാണ് പ്രളയത്തിന്റെ സ്ഥാനം എന്നെല്ലാം പറയുന്നത് ജീവന്റെ തലത്തിൽ നിന്നുകൊണ്ടല്ല അങ്ങനെ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ തല തിരിഞ്ഞു നമ്മൾ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് ജീവന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ജീവനായി നിന്നുകൊണ്ടാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഭാഗമാണ് സുഷുത്തിയിൽ ഈ പ്രപഞ്ചത്തെ നിഷേധിക്കുന്നത് ഈ ജീവന്റെ തലത്തിൽ നിന്നുകൊണ്ടല്ല അത് ഈശ്വരന്റെ തരത്തിലാണ് നിഷേധിക്കുന്നത് അതൊരു വിവാദമാണ് സുഷുതിയിൽ ഈ പ്രപഞ്ചമുണ്ടോ ഇല്ലെങ്കിൽ ജാഗ്രതയിലെന്തായാലും പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് സത്യമല്ലെങ്കിലും അത് അനുഭവപ്പെടുന്നുണ്ട് സുഷുതിയിലോ ഒരു കൂട്ടർ പറഞ്ഞു എന്താണോ സുഹൃത്തേയും പ്രപഞ്ചമേയില്ല എന്തുകൊണ്ട് നമ്മൾ അറിയുന്നത് കൊണ്ടാണിത് നിലനിൽക്കുന്നത് അറിയുന്നില്ലെങ്കിൽ ഇതില്ല ഉണ്ടെന്നുള്ളതിനു വരെ തെളിവൊന്നുമില്ല മറ്റൊരു കൂട്ടർ പറയും അങ്ങനെയല്ല സുഹൃത്തയിൽ പുറമേ പ്രപഞ്ചമുണ്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉണ്ട് നമ്മളറിയാത്തത് കൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം മറ്റുള്ളവരറിയുന്നത് എല്ലാവരും ഒരേ സമയം ഉറങ്ങുന്നില്ല ഒരാൾ ഉറങ്ങുമ്പോൾ വേറെ ആൾ ഉണർന്നിരിക്കുന്നു ഉണർന്നിരിക്കുന്നവൻ ഉറങ്ങുന്നവനെ കാണും അവന്റെ ശരീരത്തെ കാണും ഉറങ്ങുന്നതായിട്ട് അവനറിയുന്നു അപ്പോൾ ഉറങ്ങുന്നവനെ സംബന്ധിച്ച് പ്രപഞ്ചം ഇല്ല എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ അതേ കാലത്തിൽ ഉണരുന്നവനെ സംബന്ധിച്ച് ഉണർന്നിരിക്കുന്നവനെ സംബന്ധിച്ച് പ്രപഞ്ചം ഉണ്ടെന്നും ബാധിക്കാം ഈ തർക്കം അവസാനിക്കത്തില്ല പിന്നെന്തു പറയും ഉറങ്ങുന്നവനെ സംബന്ധിച്ച് പ്രപഞ്ചമില്ല എന്ന് പറയും ഉറങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രപഞ്ചമില്ല ഉണർന്നിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം അപ്പോഴും നിലനിൽക്കുന്നു അപ്പോൾ അത് രണ്ടിനും തുല്യ വ്യക്തിയാണ് ഒന്നുവെച്ചൊന്നിനെ സമ്മർദ്ദിക്കാനോ നിഷേധിക്കാനോ പറ്റത്തില്ല നിങ്ങൾ ഉറങ്ങുന്നയാളിനെ പിടിച്ചുകൊണ്ട് പറയുകയാണ് അവനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വ്യക്തി തന്നെ ഉണർന്നിരിക്കുന്നവനെ സംബന്ധിച്ചും പറയാം നിങ്ങൾ ഉറങ്ങുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രപഞ്ചമില്ലെന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രപഞ്ചമുണ്ട് അപ്പം അതിന് ഏതുപക്ഷമാണ് ശരി രണ്ടു ഒരേ കാലത്ത് സംഭവിക്കുന്നു ഒരാൾ ഉണർന്നിരിക്കുന്നു ഒരാൾ ഉറങ്ങിക്കിടക്കുന്നു അപ്പോൾ അത് ആപേക്ഷികമായൊരു സത്യമേ ഉള്ളൂ അതിന് ശരിയാണ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള പ്രപഞ്ചമില്ല എന്ന് ഞാൻ വാദിക്കുന്നത് ശരിയാണ് പക്ഷെ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ ഉണർന്നിരുന്നവനുമുണ്ട് എന്നെ സംബന്ധിച്ചില്ലാന്ന് പോലും പക്ഷെ അവനെ സംബന്ധിച്ചുണ്ട് ഉറങ്ങിക്കിടുന്ന എന്നെ സംബന്ധിച്ച് ഒന്നുമില്ല ശരി പക്ഷേ എനിക്ക് ഉറങ്ങിക്കിടക്കാൻ അവകാശമുണ്ടെങ്കിൽ ഒരുത്തനാവസം ഉണർന്നിരിക്കാനും അവകാശമുണ്ട് അപ്പൊ അവനെ സംബന്ധിച്ച് പ്രപഞ്ചമുണ്ട് അപ്പൊ ഇത് കുത്തർക്കമാണ് ഇതിനവസാനിക്കാത്ത തർക്കം അപ്പൊ പരമാർത്ഥത്തിനെന്താ സംഭവിക്കുന്നത് ഈ ഉണർവും ഈ ഉറക്കവും രണ്ടും ആരനുഭവിക്കുന്നു ജീവൻ ആ ജീവനെ സംബന്ധിച്ചിടത്തോളം ഉണരുമ്പോയ്ത് അനുഭവപ്പെടുന്നു ഉറക്കത്തിലൊന്നും അനുഭവപ്പെടുന്നുണ്ട് ഉറക്കത്തിൽ ഇതില്ലെന്ന് പറയുന്ന ആരെ സംബന്ധിച്ച് ആ ജീവഭാവത്തെ സംബന്ധിച്ചല്ല ആ പരമാത്മഭാവത്തെ സംബന്ധിച്ചാണ് ആ പരമാത്മഭാവത്തിൽ ഇതില്ല ജീവ സ്വഭാവത്തെ സംബന്ധിച്ചാണ് നമ്മളീ തർക്കിക്കുന്നത് ഉറങ്ങുന്നവനോ ഉണ്ടോ ഇല്ലയോ ഉണരുന്നവനുണ്ടോ ഇല്ലയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നമുക്കിവിടുത്തെ തർക്കിക്കാനേ കഴിയത്തുള്ളൂ പക്ഷേ ആ പരമാത്മഭാവത്തിൽ ആ പരമാത്മഭാവത്തെ എങ്ങനെ ഇവിടെ പറയും സർവേശ്വരൻ സർവജ്ഞൻ സർവേശ്വരൻ സർവജ്ഞൻ എന്ന് പറയുന്ന ഈ അല്പജ്ഞനം പറയാൻ പറ്റുമോ ഉണർന്നിരുന്നപ്പോൾ ആ കഞ്ഞിനായിരിക്കുന്ന ഞാൻ ഉണർന്നപ്പോ സർവീശ്വരനാകുമോ എത്ര വൃദ്ധിത്തമാണാ പറയുന്നത് അപ്പൊ അവിടെ ആ ജീവനല്ല ഉദ്ദേശിക്കുന്നു താൻ ഏതിനോടാണോ അവിടെ ഏകീഭവിച്ചത് ആ പരമാത്മഭാവത്തിൽ ആണ് പ്രപഞ്ചമില്ല എന്ന് പറയുന്നത് ആ പരമാത്മ തലത്തിൽ പ്രപഞ്ചമല്ല എന്തുകൊണ്ട് പറയുന്നു ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ചിത്തസ്പന്ദനമാണ് അവിടെ ചിത്തസ്പന്ദനമില്ലാത്ത തരമാണ് ആ ചിത്തസ്പന്ദനമില്ലാത്ത ഒരു തരത്തിന് താൻ എത്തിച്ചേർന്നു അവിടെ പ്രപഞ്ചമില്ല എന്നെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും പ്രപഞ്ചം ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം അനുഭവിക്കാം അനുഭവിക്കാതിരിക്കാം എന്നുവച്ചാൽ ജീവന്മാരെ സംബന്ധിച്ച് അപ്പോ എവിടെയെല്ലാം ആ പ്രപഞ്ചത്തിന്റെ ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നോ അതൊന്നും ഈ ജീവന്മാരുടെ തലത്തിലല്ല കുറയും ജീവഭാവം എവിടെയുണ്ടോ അവിടെ പ്രപഞ്ചമുണ്ട് ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്നു പക്ഷെ പരമാത്മഭാവത്തിൽ എന്താണ് അവിടെ പ്രപഞ്ചമില്ല ഇല്ലാന്ന് പറഞ്ഞ എന്തുകൊണ്ട് ചിത്തസ്പന്ദനം ഇല്ലെങ്കിലില്ല ഇനി ചിത്തസ്പന്ദനമുണ്ടെങ്കിലോ ഉണ്ടെങ്കിലും അവിടെ അദ്വൈതം തന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് ദേവശേഷ സ്വഭാവ ഇതാ ദേവന്റെ സ്വഭാവമാണ് ഇതിനെ നിങ്ങൾക്ക് ആ ദേവനിൽ നിന്ന് വേർപിരിക്കാനൊക്കെ തരുന്നു മണ്ണിൽ നിന്ന് കുടത്തെ വേർപിരിക്കാനൊക്കത്തില്ല സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങളെ വേർതിരിക്കാനൊക്കത്തില്ല കയറിൽ നിന്ന് സർപ്പത്തിനെ വേർതിരിക്കാനൊക്കത്തില്ല അതുപോലെ ആ ചിത്തസ്പന്ദനത്തെ ചിത്തത്തിൽ നിന്ന് വേർതിരിക്കാനൊക്കെ തരുന്നു ഓടെ പ്രപഞ്ചമില്ല ആ തരത്തിലാണ് ശുഷത്തിയിൽ പ്രമഞ്ചമില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ ഉണ്ടെന്നും ഇല്ലെന്നും നമുക്ക് തർക്കിക്കാം അത് കേവലം സുതർക്കമാണ് അതിലൂടെ നമുക്കൊരു തത്വത്തെ ഗ്രഹിക്കാനൊക്കെ തന്നെ അതിങ്ങനെ അവസാനമില്ലാത്തതുകൊണ്ട് എനിക്ക് ഏതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നമുക്ക് തർക്കിക്കാൻ പറ്റും അത് പരമാർത്ഥമുണ്ട് തർക്കം യുക്തി പരമാർത്ഥമുണ്ട് അനുഭവമാണ് മുഖ്യം അതാണ് ഇവിടെ പറയുന്നത് എന്താണോ ആ ജീവനെ സംബന്ധിച്ചിടത്തോളം അത് അവിനാശിയാണ് ആ സർവജ്ഞൻ സർവേശ്വരനെ സംബന്ധിച്ചിടത്തോളം അത് നിത്യമാണ് അവസ്ഥ സുഷൃത്തി അതുകൊണ്ടിവിടെ പറഞ്ഞു വന്നാൽ അനാത്യന്തികമാണ് നമ്മുടെ അനുഭവത്തിനും അങ്ങനെയാണ് ഉറങ്ങിയാലും ഉണർന്നാലും നമ്മൾ ജീവഭാവത്തിൽ തന്നെ ഇരിക്കുന്നു പരമാത്മഭാവത്തിലല്ലേ ഇരിക്കുന്നത് ഉറങ്ങി അവിടെ ഏകീഭവനം സംഭവിച്ചാണ് ആ ജീവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതിൽ നിന്നും മുക്തനാകുന്നുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള താത്കാലികമായ മുക്തിയെ സംഭവിക്കുന്നുള്ളു അപ്പൊ അവന് ജീവാസ്ഥയിൽ നിന്നും ആത്യന്തികമായ മോചനം കിട്ടുന്നുണ്ട് മോചനം കിട്ടാത്തിടത്തോളം കാലം അവന് ദ്വൈതാത്മകമായ പ്രപഞ്ചം എപ്പോഴുമുണ്ട് ജാഗ്രതത്തിനുകൊണ്ട് സ്വപ്നത്തിനു കൊണ്ട് സുഷൃത്തിയിലുമുണ്ട് അതിന്റെ ഭാവത്തിന് വ്യത്യാസമുണ്ടെന്നേ ഉള്ളു ആ സർവേശ്വരനിൽ അങ്ങനെയല്ല അവൻ പ്രപഞ്ചരഹിതനായി അവിടെയിരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കേവലം വഷ്ടിയിൽ മാത്രം ചർച്ച ചെയ്യുക ചെയ്യാത്തുള്ളത് നമ്മൾ കേവലം വഷ്ടിയിൽ മാത്രം അതായത് ജീവനിൽ മാത്രം നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും ആ ജീവഭാവത്തെയും പരമാത്മഭാവത്തെയും ജീവനെയും ഈശ്വരനെയും രണ്ടിനെയും കൂടെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടത്തെ വിചാരം ചിന്ത അതുകൊണ്ട് ഇത് ഉണ്ടോ ഇല്ലയോ സത്യമോ മിഥ്യയോ എന്നൊക്കെ പറയുമ്പോൾ വെറും നമ്മുടെ ആ ജീവഭാവത്തെ മാത്രം ചിന്തിക്കുക ആ ചിന്ത ആത്യന്തികമല്ല അനാത്യന്തികമാണ് അതുകൊണ്ട് ഭാഷകാരനും പറഞ്ഞിരിക്കുന്നു അവന്റെ പരമമായ ആനന്ദം എന്ന് പറയുന്നത് ആ പരമാത്മഭാവമാണ് സർവേശ്വര ഭാവമാണ് അവിടെ പരമാമായ ആനന്ദ പക്ഷെ ജീവൻ അത് ഉറച്ചു നിൽക്കാൻ കഴിയും അവൻ ജീവഭാവത്തിൽ തന്നെ വീണ്ടും വന്നുപോകും അവിടെ നമുക്ക് പൂർണമായും ബുദ്ധിയൊണ്ട് ഗ്രഹിക്കത്തക്ക ഭാഗമല്ല അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തെ അനിർവചനീയം എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുണ്ട് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്ന പല ഭാഗങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല ജാഗ്രതയിൽ നമ്മൾ സുഷൃത്തിയിൽ പോകും സുഹൃത്തിയിൽ നിന്ന് നമ്മൾ ജാഗ്രതത്തിലേക്ക് വരും സ്വപ്നത്തിലേക്ക് പോകും സുഹൃത്തയുടെ അനുഭവം നമുക്കുണ്ട് ജാഗ്രത അനുഭവമുണ്ട് സ്വപ്നത്തിന്റെ അനുഭവമുണ്ട് പക്ഷേ ഈ പോക്കവർക്കും നമ്മൾ അറിയുന്നില്ല ആർക്കും ഗ്രഹിക്കാൻ പറ്റുന്നില്ല പോയി എന്ന് നമുക്കറിയാം എപ്പോ കാലദേശവുമായി ബന്ധപ്പെടുത്തി നമുക്കതിനെ ധരിക്കാൻ പറ്റുന്നില്ല ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല ഞാനിതാ ഈ സമയത്ത് ഈ ക്ഷണത്തിൽ ഉറങ്ങി പറയാൻ പറ്റത്തില്ല ഈ സമയത്ത് ഈ ക്ഷണത്തിൽ ണർന്നു പറയാൻ കഴിയുന്നത് എന്തുകൊണ്ട് ആ ഭാവങ്ങളെല്ലാം അനുവചനീയമാണ് ഗ്രഹിക്കാൻ കഴിയാത്ത അവിടെയാണ് സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും ഒക്കെ രഹസ്യ വിധിക്കുന്നത് അത് ജീവൻ ഒരിക്കലും വെളിപ്പെടുത്തില്ല അതവന്റെ ജ്ഞാനത്തിന്റെ പരിമിതിയാണ് അവന്റെ അജ്ഞതയുടെ ഫലമാണ് ാണ് ജീവനായിരിക്കുന്നത് അജ്ഞനായിരിക്കുന്നത് അതിനീകരിച്ച നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തു അതുകൊണ്ട് അവിടെ പറയുന്നു അവൻ ആനന്ദഭുക്കായിരിക്കുന്നു പക്ഷെ അതിനും പൂർണതയില്ല നിദ്രയിൽ അവൻ ആനന്ദത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് പൂർണമാകും എന്തോരപൂർണത അവിടെയുണ്ട് നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ആനന്ദത്തിന്റെ ആ പൂർണ്ണതയെ നമുക്ക് നേടാൻ കഴിയാത്ത ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഈശ്വരനോട് ഈ ഭവിച്ചിട്ടും കഴിയും മുക്തനാകാൻ കഴിയുന്നു അതുകൊണ്ടൂടെ പറയുന്നു അവൻ ആനന്ദഭുക്കാണെങ്കിലും പൂർണമായും ആനന്ദഭുക് അല്ലേ മുഖനായിരിക്കുന്നു ആ ചേതവമുഖനായിരിക്കുക എന്ന് പറയുന്നത് അതവന്റെ ഒരു മേന്മയാണ് അതേസമയം ഒരു പോരായ്മയാണ് എന്തുകൊണ്ട് സ്വപ്നാദി പ്രതിബോധം ചേത പ്രതി ദ്വാരീഭൂതത്വ ചേതവമുഖ അവൻ ഏത് സമയവും അവിടെ നിന്ന് തെറ്റിപ്പോകാം പറഞ്ഞല്ലോ ഈ സംസാര ആയാസങ്ങളൊന്നുമില്ലാതെ ആനന്ദഭുത്തായി അവൻ സൃഷ്ടിയിലിരുന്നാലും സ്വപ്നം ജാഗ്രത് സ്വപ്നാദി സ്വപ്നത്തിലേക്കോ ജാഗ്രതത്തിലേക്കോ അവിടെ ഒന്ന് മാറിപ്പോകാം സ്വപ്നാദി പ്രതിബോധ ചെയ്ത ആ ബോധത്തിലേക്ക് അവൻ വരുമ്പോട്ടിരിക്കുകയാണ് അവിടെ ഏത് കടന്നു വരാം തന്റെ ആഗ്രഹം കൊണ്ടൊന്നുമല്ല തന്റെ ഇച്ഛയോ തന്റെ പ്രവൃത്തിയോ കൊണ്ടല്ല പരവശനായി അവിദ്യാവശകനായി എന്ന് പറയാം മായാധീനനായി അവൻ അവിടെ നിന്ന് സ്കരിച്ചു പോകും സ്വപ്നത്തിലേക്കോ അല്ലെങ്കിൽ ജാഗ്രതത്തിലേക്കോ അവൻ വഴുതി വീണുപോവുകയാണ് അതുകൊണ്ട് ദ്വാരീഭൂതത്വ അങ്ങനെയൊരവസ്ഥ അവനുണ്ട് ഇങ്ങനെ ഒരു വഴിയിലേക്ക് അവന് കടക്കേണ്ടി വരുന്നു അതുകൊണ്ട് അവനെ ചേതോമുഖനെന്ന് പറയുന്നു സ്വയം ചേതസ്സായിരുന്നിട്ടും അവൻ വീണ്ടും ഒരു ചേതോമുഖനായിരിക്കുന്നു താൻ ആഗ്രഹിക്കാത്ത തലത്തിലേക്ക് തനിക്ക് കടന്നു പോകേണ്ടി താൻ ആഗ്രഹിക്കാത്തതാണ് ഇത് ഈ ജാഗ്രത സ്വപ്നവും താൻ അവിടെ ആഗ്രഹിക്കാനൊന്നുമില്ല സുഷുപ്തിയിൽ സർവകരണങ്ങളും വിലയം പ്രാപിച്ചിരിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കാൻ നിവർത്തിക്കുന്നു ഇച്ഛിക്കാനുള്ള മനസ്സൊന്നും അവിടെ പ്രവർത്തിക്കുന്നു അതൊന്നുമില്ലാതിരുന്നിട്ടും അവൻ ചേതോമുഖനായിരിക്കുന്നു എന്നിട്ട് ഏത് സമയവും അവൻ അവിടെ നിന്ന് വഴിപ്പോകാം ജാഗ്രത്തിലേക്കോ സ്വപ്നത്തിലേക്കോ വരാം അതുകൊണ്ട് ചേതോമുഖനെന്ന് പറയും ഇതും അവന്റെ ആ മായാധീനതയെ സൂചിപ്പിക്കുകയാണ് സ്വതന്ത്രമല്ല അവിടെ വീണ്ടും അവൻ ബന്ധനത്തിലേക്ക് വിടും ബോധരക്ഷണം ചേതോദ്വാരം മുഖമസ്യ സ്വപ്നാധ്യാഗമനം പ്രതീതി ചേതമുഖ അവന്റെ ചേതസ് അവിടെ നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടും ചേതോമുഖനെന്ന് പറയാം അവനാ ചേതനെ വൃത്തികളിലൂടെ അറിയാൻ കഴിയുന്നില്ല വൃത്തികളിലൂടെ അറിയുക എന്ന് പറയുന്നതിന് അഹം എന്നുള്ള ഒരു വൃത്തിയാണ് സ്ഥൂലമായ വൃത്തി ഈ വൃത്തിയിലൂടെ മനഃപരിണാമത്തിലൂടെ അവനാ ചേതസ്സിനെ അറിയാൻ കഴിയുന്നില്ല പിന്നെ സങ്കല്പങ്ങൾ നാനാവിധത്തിലുള്ള സങ്കല്പങ്ങൾ ഇതിലൂടെയൊന്നും അറിയാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ എന്തുവരുന്നു അവൻ ബോധസ്വരൂപനായിരിക്കുന്നു വൃത്തികളുണ്ടായാലേ അഹം എന്നറിയാൻ പറ്റും അല്ലെങ്കിൽ കേവല പ്രകാശ രൂപത്തിൽ അവൻ അവിടെ ഇരിക്കുകയാണ് അതാണ് ബോധലക്ഷണം ആ ബോധം തന്നെയാണ് പിന്നീട് അവന് സ്വപ്നത്തിനും മറ്റും വരുന്നതിന് കാരണമായി തോന്നുന്നത് ആ ബോധം ഒരിക്കലും നഷ്ടപ്പെടാത്ത ബോധം അതാണ് അവന് ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വീണ്ടും അവനെ കടത്തിക്കൊണ്ടുവന്നത് അതിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിന് സഹായകമായി മറ്റെന്തോ ഉണ്ടായി അവിദ്യാകാമ കർമ്മബീജങ്ങൾ എന്ന് പറയുന്നു എന്തോന്നവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവൻ ഇവിടേക്ക് ഈ രീതിയിൽ കടന്നു വരത്തില്ലായിരുന്നു വീണ്ടും അജ്ഞനായി സംസാരിയായി ഇവിടെ കടന്നു വരത്തില്ലായിരുന്നു ഇവിടേക്ക് എങ്ങനെ അതുകൊണ്ട് അവനെ ചേതോമുഖനെന്ന് പറയും ഭൂതഭവിഷ്യാതൃത്വം സർവവിഷയജ്ഞാതൃത്വം അവന പ്രാജ്ഞനെന്ന് പറയുന്നുണ്ട് സർവവിഷയത്വം അവനിലുണ്ട് സർവവിഷയങ്ങളെ അവനറിയുന്ന ഭൂതഭാവികളെയൊക്കെ അറിയുന്നു ഇതാരെ സംബന്ധിച്ചാണ് പറയുന്നത് ഈ ഉണർന്നിരിക്കുമ്പോൾ തന്നെ അവന് ഭൂതത്തെയും ഭവിഷ്യത്തെയും അറിയാൻ പറ്റും സർവ്വ വിഷയങ്ങളെ അറിയാൻ പയ്യും അങ്ങനെ ഉണർന്നിരിക്കുന്നവനാണോ സൃഷ്ടയിൽ പ്രാജ്ഞനായിരിക്കുന്നത് അല്ല കാരണം ഈ ഇങ്ങനെ ഉണർന്നിരിക്കുന്നത് ജീവന്മാരാണ് എണ്ണമറ്റ ജീവന്മാർ അഗ്നിയുടെ സ്കുലിംഗങ്ങളെപ്പോയി ശ്രുതി തന്നെ പറയും ഒരഗ്നി ജ്വാലയിൽ നിന്ന് അനേക തീപ്പൊരികളുണ്ടാവും അങ്ങനെയിരിക്കുന്ന ആ തീപ്പൊരികളുടെ സ്ഥാനമേയുള്ള ജീവന്മാർ അങ്ങനെയിരിക്കുന്ന ജീവൻ ഒരിക്കലും സർവജ്ഞനാകാൻ പറ്റത്തില്ല ഈ അനന്ത ജീവന്മാർ കൂടി ചേർന്നാലും സർവജ്ഞനാകാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഓരോന്നും അത്പജ്ഞന്മാരാണ് അനന്താൽപജ്ഞന്മാർ കൂടി ചേർന്നാൽ ഒരു സർവജ്ഞനാകത്തില്ല അനന്ത പൂജ്യങ്ങളിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒന്നാകത്തില്ല ആയിരം മണ്ടന്മാർ കൂടി ചേർന്നാലൊരു ബുദ്ധിമാനാകത്തില്ല അത് സംഭവിക്കത്തില്ല അപ്പൊ പിന്നെ പ്രാചീനം എങ്ങനെ പറയുന്നു ജീവനെ പറയാൻ പറ്റുമോ സർവജ്ഞനാണ് അപ്പൊ ആ ഈശ്വരഭാവത്തിലാണ് പറയുന്നത് ആ ജീവൻ ആ ജീവഭാവത്തെ കൈവിട്ട് ആ പരമാത്മഭാവത്തോട് ഏകീകിച്ചു നിൽക്കുന്ന ഒരവസ്ഥ എന്നാൽ മുക്തനാകുന്ന അവിടെ ഏകനായ ഇപ്പൊ പറഞ്ഞുള്ള പ്രജ്ഞാനഘനായ ആനന്ദഭുക്കായ ഈശ്വരൻ മാത്രം നിൽക്കുന്നു ആ ഈശ്വര തലത്തിലാണ് അവൻ സർവജ്ഞനെന്ന് പറയുന്നത് അവിടെ ചിത്രസ്പന്ദനമില്ലാതിരിക്കുന്ന ഈശ്വരൻ അവിടെ പ്രപഞ്ചരഹിതനായിരിക്കുന്ന ഈശ്വരൻ അവനെ പറയാം എന്താണ് അവൻ സർവജ്ഞനാണ് ഈശ്വരൻ സർവജ്ഞനായിരിക്കും എന്നാല് ഇത്തരത്തിൽ ഒരു സൃഷ്ടി സംഭവിക്കത്തുള്ളൂ എന്നാൽ ഈ ജീവന്മാരെ ഇങ്ങനെ നാനാവിധത്തിൽ നടത്താൻ കഴിയത്തുള്ളു അതുകൊണ്ട് അവിടെ ആ ഈശ്വരഭാവത്തിൽ പറയുകയാണ് അവൻ പ്രാജ്ഞനായിരിക്കുന്നു ജീവഭാവത്തിലു തലത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ശ്രുതി പറയുന്നത് ചിലപ്പോ ജീവന്റെ തലത്തിൽ നിന്ന് പറയും ചിലപ്പോ ഈശ്വരന്റെ തലത്തിൽ നിന്ന് പറയും ജീവൻ അസാധ്യമായ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കണം അത് ജീവന്റെ തലത്തിലല്ല ഈശ്വരന്റെ തലത്തിലാണ് എന്ന് പറയും സൃഷ്ടി സ്ഥിതി എന്നു പറയുമ്പോൾ ജീവന്റെ തലത്തിലല്ല അവനതിനൊന്നും കൽപ്പുള്ളവനല്ല സുഷുപ്തോ ഭൂതപൂർവ്വജത്യ പ്രാജ്ഞനും സുഷുപ്തന് ഇനി ജീവന്റെ തലത്തിൽ നോക്കിയാലോ അവനെ അറിവുള്ളവനെന്നങ്ങനെ പറയാൻ പറ്റും അവന് ഉറങ്ങിക്കിടക്കുന്നവന് ജീവന്റെ തരത്തിലും പറയാൻ അറിവുള്ളവനാണെന്നിങ്ങനെ പഴയ അവസ്ഥയാണ് ചൂണ്ടടന്നിരുന്നപ്പോൾ അവൻ അറിവുള്ളവനായിരുന്നല്ലോ അങ്ങനെയും പറയാം പ്രാജ്ഞനെന്നുള്ളതെന്റെ അറിയുന്നവനെന്നുള്ള അർത്ഥം മാത്രം എടുക്കുകയാണെങ്കിൽ സർവജ്ഞനെന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ ഈശ്വരൻ തന്നെ എടുക്കണം അഥവാ പ്രജ്ഞാതി മാത്രം അസാധാരണ രൂപം ഇതി പ്രാജ്ഞ ഇനി പ്രാജ്ഞനെന്നുള്ളതിന് അർത്ഥം എടുക്കാം ോധസ്വരൂപൻ എന്നെടുക്കാം എന്നെടുത്തുകഴിഞ്ഞാൽ സർവജ്ഞനം എന്നുള്ള അർത്ഥം കൊടുക്കുന്നു സർവജ്ഞനെന്ന് പറയുമ്പോൾ അത് ഈശ്വരന് മാത്രമേ ജീവന് ചേരത്തില്ല പക്ഷെ ബോധസ്വരൂപൻ എന്നു പറഞ്ഞാൽ ജീവനും ചേരും അവൻ വിശുവിനായിരിക്കുമ്പോഴും തേജസ്സനായിരിക്കുമ്പോഴും പ്രാജ്ഞനായിരിക്കുമ്പോഴും അവന്റെ ബോധത്തെ വിടുന്നില്ല ജ്ഞപ്തി ബോധസ്വരൂപനായിരിക്കുന്നു അതാണവന്റെ അസാധാരണമായ രൂപം എന്ന് വെച്ചാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത രൂപം മറ്റു ഭാവങ്ങളെല്ലാം അവൻ നഷ്ടപ്പെടുന്നു അതെല്ലാം അവന് നഷ്ടപ്പെട്ടു പോകുന്നു അവനെപ്പോഴും പ്രാജ്ഞനായിരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടവൻ വീണ്ടും വിശ്വനാകും വിശ്വനായിരിക്കാൻ കഴിയുന്നില്ല അവൻ തൈജസ്സനാകും ഈ വിശ്വതൈജസ്വ പ്രാജ്ഞഭാവങ്ങളെല്ലാം അവന് നഷ്ടപ്പെട്ടു പോകും അവൻ ആഗ്രഹിക്കാതെ തന്നെ അത് പക്ഷേ അവന്റെ അജ്ഞപ്തി സ്വരൂപം ബോധസ്വരൂപ നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവനെ പ്രാജ്ഞനെന്ന് വിളിക്കാം ഇത്രയോ വിശിഷ്ടമി വിജ്ഞാനം അതി സ്വയം പ്രാജ്ഞ സ്ഥീയപാദ അവൻ ബോധസ്വരൂപനായിരിക്കുമ്പോൾ ആ സുഷുതിയിൽ അവന്റെ പ്രത്യേകത എന്താണ് മറ്റു രണ്ട് തലങ്ങളിൽ ജാഗ്രതത്തിനും സ്വപ്നത്തിനും അവന് വിശിഷ്ട വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നാനാത്വബോധം അതവിടെയുണ്ട് പലതിനറിയുന്നു സുഷുതിയിലാണെങ്കിലോ അവിടെ സ്വയം പ്രകാശം മാത്രം നാനാത്വബോധം അവിടെയില്ല അവൻ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊന്നിനെ അറിയുക എന്ന് പറയുന്ന ജോലി അവിടെയില്ല അറിയാൻ അവിടെ വിഷയങ്ങളില്ല എന്തുകൊണ്ട് അവൻ ആ പരമാത്മാവിനോട് അന്തര്യാമിയോട് ഏകീകവിച്ചു അന്തര്യാമിയാണെങ്കിലോ അവിടെ ചിത്തസ്പന്ദനങ്ങളൊന്നും കൂടാതിരിക്കുന്നു ചിത്തസ്പന്ദിച്ചവരെ പ്രമിച്ചോ അന്തര്യാമിയുടെ ചിത്തസ്പന്ദിക്കണം അതും തെറ്റിദ്ധരിക്കരുത് അതിനുശേഷമാണ് ഈ വികാര വിചാരങ്ങളൊക്കെ വരുന്നത് ഇതിന് സൃഷ്ടിക്കുള്ള ശേഷി എന്റെ മുമ്പിലിരിക്കുന്ന ഈ മേശ ഇത് ആചാര്യമുണ്ടാക്കിയാണ് എന്റെ സങ്കല്പം ഉണ്ടാക്കിയ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇത് കാർപെൻ്റർ പണിഞ്ഞുണ്ടാക്കിയെടുത്താണ് എന്റെ സങ്കല്പത്തിന് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നങ്ങൾ നല്ലതായിരുന്നു നാശിച്ചു പോവാണ് പക്ഷെ നടക്കുന്നില്ല എന്തെല്ലാം ലാഭം ഉണ്ടായനെ അതുകൊണ്ട് ഞാൻ അറിയുന്നത് കൊണ്ട് ഇതുണ്ട് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഇതെല്ലാന്ന് പറയുന്നത് ബുദ്ധി ബുദ്ധിമോശമാണ് എന്റെ അറിവിനെ ആശ്രയിച്ചല്ല ഇത് നിലനിൽക്കുന്നു എന്റെ സങ്കല്പ വികല്പങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട് ഇത് നിലനിൽക്കുന്നു ഇത് ആ പരമാത്മാവിന്റെ ചിത്തസ്കന്ധമാണ് എന്ന് പറഞ്ഞാൽ അവിടെ തർക്കമില്ല കാരണം ഇതിനെല്ലാം ഒരു കാരണമേ ആധികാരം അതിന്റെ പരിണാമരൂപത്തുകളെല്ലാം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അല്ലാതെ അൽപജ്ഞനായിരിക്കുന്ന എന്റെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് എന്റെ ഇന്ദ്രിയ ശക്തി അനുസരിച്ച് എന്റെ തുച്ഛമായ ഇന്ദ്രിയ ശക്തി അനുസരിച്ച് ആണ് ഇത് നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയങ്ങളെല്ലാം വളരെ ശക്തമായിരിക്കുമ്പോൾ ഈ മേശ ഇങ്ങനെ നിലനിൽക്കും കുറച്ചു വയസ്സായി കഴിഞ്ഞാൽ കാഴ്ചശക്തി കുറഞ്ഞാൽ ഈ മേശയെ ഇങ്ങനെ നിലനിൽക്കത്തില്ല എന്നിവരും പറയുന്നതിന്റെ താല്പര്യം അന്ധനായി കഴിഞ്ഞാൽ പിന്നെ മേശ തപ്പിയാൽ കാണും കണ്ടുകൊണ്ട് കാണത്തില്ല ഇങ്ങനെ ഇങ്ങനെയല്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു അങ്ങനെ സൃഷ്ടിക്കുന്നില്ല പക്ഷേ ഇത് മനസ്സ്പന്ദനമാണ് അത് ഇതുമാത്രമല്ല ഈ ജീവഭാവം ഉൾപ്പെടെ മനസ്സ്പന്ദനമാണ് പിന്നെ എന്റേതായ സൃഷ്ടിയുണ്ട് ഈ ലോകത്തിന് ഞാനും പലതും സൃഷ്ടിക്കുന്നുണ്ട് എന്റെ മനസ്സുകൊണ്ട് ഞാൻ പലതിനും സൃഷ്ടിക്കുന്നു ആ സൃഷ്ടി മാത്രം കൊണ്ട് സൃഷ്ടി പൂർണ്ണമാകത്തില്ല അത് ഈശ്വര സൃഷ്ടി തന്നെ വേണം ഇവിടെ പറയുന്ന സർവേശ്വരന്റെ സ്പന്ദനം തന്നെ പറഞ്ഞു ആ സ്പന്ദനത്തിനകത്ത് പിന്നെ പലതും സംഭവിക്കുന്നുണ്ട് ജ്ഞാനവും ക്രിയകളുമൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേരുന്നതാണ് പ്രമഞ്ചം അതുകൊണ്ട് ആ സൃഷ്ടിയിൽ ആനന്ദഭുക്കായിരിക്കുന്നു സർവേശ്വരനായിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആ പരമാത്മഭാവത്തിലാണ് പ്രപഞ്ചം കൊണ്ട് എന്ന് പറയുന്നതും ഇല്ല എന്ന് പറയുന്നു പരമാത്മഭാവത്തിലാണ് ജീവഭാവത്തിലല്ല അതാണ് അടുത്ത് പറയുന്നത് യേഷ സർവേശ്വര യേഷ സർവജ്ഞ അന്തരിയാം യേഷയോനി സർവേഹി ഭൂതാനാണ് യേശു ഹി സ്വരൂപാവസ്ഥ സർവേശ്വര അവസ്ഥയാണ് സ്വരൂപാവസ്ഥ എന്ന് പറയുമ്പം ഉറങ്ങിക്കിടക്കുന്ന ഞാനെന്നും ധരിച്ചുകളയും ധരിച്ചുകളയും ഉറങ്ങിക്കിടക്കുമ്പം ഞാനില്ല അവിടെ എന്നാലും നമ്മൾ പറയും എന്താണ് ഉറങ്ങിക്കിടന്ന് ഞാൻ ഉണർന്നിരിക്കുന്ന ഞാൻ അജ്ഞനാണ് ഉറങ്ങിക്കിടന്ന് ഞാൻ സർവജ്ഞനാണെന്നല്ല പറയും ഉറങ്ങിയ സമയത്തവിടെ ഞാൻ ഇല്ലാതായി പിന്നെന്താ ഉള്ളത് സർവേശ്വരൻ മാത്രം അവനാണ് സർവേശ്വരൻ അന്തരിയാമീ അവനാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചത് അവനാണ് ഈ ജഗത്തിനെ വിലയിപ്പിച്ചത് അവന്റെ സൃഷ്ടിയിൽപ്പെട്ട സർവ്വവും അവിടെ എങ്ങനെ ആ സർവേശ്വരന്റെ ചിത്തസ്പന്ദന രൂപത്തിൽ ഈ സൂര്യ ചന്ദ്ര താരകാദികളെല്ലാം പ്രപഞ്ചം ഈ ഭൂമിയിൽ പിന്നെ അവൻ സൃഷ്ടിച്ച കാർപ്പന്റും മേശയും കസേരയും എന്ന അവിടെ വിലയും പ്രാപിക്കുന്നു കാരണം അതന്നെ അവന്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് അവനിതിനെ വിലയിപ്പിക്കാൻ പറ്റും ഇതൊന്നും എന്റെ സൃഷ്ടിയല്ല അജ്ഞനായ ജീവന്റെ സൃഷ്ടിയല്ല അതുകൊണ്ട് അവനിന്ന് വിലയിപ്പിക്കാൻ കഴിയിക്കുന്നു അതുകൊണ്ട് എന്റെ കാഴ്ചയാണ് ഇതെല്ലാം എന്ന് പറയുന്നത് അബദ്ധമാണ് എന്റെ സങ്കല്പവികല്പങ്ങളാണെന്ന് പറയുന്നത് അബദ്ധമാണ് അതുകൊണ്ടാണെന്ന് പറയുന്നത് എന്ത് അവിടെ സർവേശ്വരനാണ് വൈശ്വാനനും സർവേശ്വരനാണ് ഹിരണ്യഗർഭനും സർവേശ്വരനാണ് ഇവിടെ അന്തര്യാമിയും സർവേശ്വരനാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഈ ഒരു ഭാവത്തിൽ മാത്രമാണ് അവനീ പ്രപഞ്ചത്തെ വിലയിപ്പിക്കാനും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും സാമർഥ്യമുള്ള ഈ ഒരു ഭാവത്തിൽ മാത്രമേ ഞാനിറങ്ങുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ ലോകത്തെ കാണാൻ കഴിയുന്നില്ല ഉത്തരം വളരെ ലളിതമാണ് ആ സർവേശ്വരൻ ഇതിനെ സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് എനിക്കിതിനെ കാണാൻ കഴിയും അല്ല ഞാൻ സൃഷ്ടിക്കാത്തോണ്ടല്ലോ സർവേശ്വരൻ ഇതിനെ അവിടെ സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അവനെ പറയുന്നു എന്താണ് സർവീശ്വരനാണ് സർവേശ്വരൻ ഭേദജാതീശിതെന്ന് പറയുന്ന ആ അതിഥൈവം ഉൾപ്പെടെയുള്ള നേരത്തെ പറഞ്ഞുള്ളതിന് രണ്ട് ഭാവങ്ങളുണ്ട് അധ്യാത്മവും അതിഥൈവവും ശരിക്കും മൂന്ന് ഭാവങ്ങൾ അതിഭൂതവും അതിനു വളരെ പ്രാധാന്യമുണ്ട് ഇവിടെ ചൈതന്യത്തിന്റെ തലത്തിലാണ് ചർച്ച ജഡത്തിന്റെ തലത്തിലല്ല അതുകൊണ്ട് ഇതിന് രണ്ടിനെയും മുഖ്യമായി പറയുന്നു സാധിദൈവിക സ്യ ആ ദൈവികഭാവം ഏതാണ് ഇവിടെ പറയുന്ന ദൈവികഭാവം ആ ഹിരണ്യഗർഭാവം വൈസ്വാനുടെ ഭാവം അതൊന്നും അവിടെയില്ല ആ സർവേശ്വരൻ അതിനെല്ലാം തന്നെ വിലയിപ്പിച്ചു ആ സർവേശ്വരന്റെ തന്നെ ഭാവമാണ് ഈ അതിദൈവഭാവം എന്ന് പറയുന്നത് ഈരണ്യഗർഭാവവും ഈ വൈശ്വാനുടെ ഭാവം അവന്റെ തന്നെ ഭാവമാണ് ആ സുഷുതിയിൽ എന്ത് സംഭവിക്കുന്നു നമ്മളറിയുന്ന സുഷുതി എന്താണവിടെ സംഭവിക്കുന്നത് ആ ഭാവങ്ങളെയെല്ലാം അവൻ തന്നിൽ വിലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഷുപ്തിക്കു വേണ്ടി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഈശ്വരൻ ഇതിനെയൊക്കെ തന്നിൽ വിലയിപ്പിക്കുന്നു എന്നുള്ള അങ്ങനെയല്ലേ മനസ്സിലാക്കി ഈ സർവേശ്വരൻ ഒരേ സമയത്തിൽ തന്നെ എല്ലാ ഭാവങ്ങളും ജീവൻ ഇത് ഓരോന്നിനോടും മാറി മാറി താതാമ്യപ്പെടുന്നു ഒരു സമയം അവൻ ഈ വൈശ്വാൻ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ മറ്റൊരു സമയം അവൻ ഭിരണ്യഗർഭനോട് ചേർന്ന് വേറെ സമയം അവൻ ആ അന്തര്യാമിയോട് ചേർന്ന് ജീവനാണ് പോവുകയും വരികയും ചെയ്തു അതിനവന് ശക്തി കൊടുക്കുന്നതും ഈ സർവേശ്വരൻ തന്നെ അതുകൊണ്ടാണ് സർവസ്വീശ്ശിത എന്ന് പറയും സർവത്തെയും അവനാണ് നിയന്ത്രിക്കുന്നത് സർവത്തിന്റെയും ഈശ്വരനായിരിക്കുന്ന അവനാണ് അപ്പൊ ജീവൻ എന്താണ് സ്വയം ശക്തിയില്ലാതെ സ്വയംശേഷിയില്ലാതെ അജ്ഞതയിൽപ്പെട്ട് ഇതിനോടെല്ലാം പോയി ചേർന്ന് കേൾക്കുന്നു ഇതിൽ നിന്നെല്ലാം വേർപെട്ടിരിക്കുന്നു ഇതൊന്നും സ്വന്തം ഇച്ഛപ്രകാരം വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് ആ ഈശ്വരന്റെ ഒരു നിയമം അനുസരിച്ചെന്ന് വേണമെങ്കിൽ പറയാം വിടെയും പ്രാധാന്യം ജീവനല്ല സർവേശ്വരനാണ് അവിടെ സാധി ദൈവിക ഭേദജാത സർവശേഷ്ഠിത സർവത്തെയും ഇവനാണ് നിയന്ത്രിക്കുന്നത് അന്തര്യാമി രൂപത്തിലിരുന്നു അവൻ ഹിരണ്യകർദ്ധനെയും വൈശ്വാനരനെയെല്ലാം നിയന്ത്രിക്കുന്നു ഈ സ്പന്തങ്ങളെല്ലാം വിലയിച്ചിരിക്കുന്നിടത്ത് ഇവനെങ്ങനെ ഇതിന് ശക്തി ഉണ്ടാകുന്നു അതാണ് ഈശ്വരനെ കുറിച്ച് പറയുന്നത് എന്താണ് നമ്മൾക്ക് ശക്തി തരുന്നത് നമ്മുടെ കർണങ്ങളാണ് ഈശ്വരനാണെങ്കിലോ കണ്ണില്ലാതെ കാണുന്നു ചെവിയില്ലാതെ കേൾക്കുന്നു ശ്രുതി പറയുന്നതാണ് ഞാൻ പറയുന്നത് അവൻ മൂക്കില്ലാതെ മണക്കുന്നു മനസ്സില്ലാതെ ചിന്തിക്കുന്നു അപ്പോൾ നമുക്കാവശ്യമുള്ളതല്ല ഈശ്വരന് വേണമെന്ന് അപ്പോൾ സർവവും വിജയിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവൻ എങ്ങനെ ഈശ്വരവാകും എന്തുകൊണ്ടവൻ നിയന്ത്രിച്ചു ഒന്നും വേണ്ടാതെ നിയന്ത്രിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ഈശ്വരൻ പറയുന്നത് സർവഭേദജാതത്തെയും അവൻ അവിടെ എല്ലാത്തിനും ഈശ്വരതാവായിരിക്കുന്നു അപ്പൊ നമ്മുടെ ബുദ്ധിയും നമ്മുടെ അറിവും വെച്ച് ഈശ്വരനെ നമ്മൾ സങ്കല്പിക്കരുത് നമ്മക്കാളും വലിയ ബുദ്ധിയുള്ളവൻ നമ്മളെക്കാളും വലിയ കണ്ണുള്ളവൻ നമ്മക്കാലും വലിയ ചെവി ഉള്ളവൻ അങ്ങനെ ധരിക്കരുത് ഇതൊന്നുമില്ലാതെ തന്നെ ഇതിലെല്ലാം പ്രവർത്തിക്കുന്നവൻ എന്നാണ് ഈശ്വരനെ കുറിച്ച് ശ്രുതി പറയുന്നത് ജാത്യന്തിര ഭൂത അന്വേഷാമ്യ അതാണ് ഇവിടെ പറയുന്നത് ആ സർവേശ്വരനെ ും വേറിട്ടൊന്നും അവിടെ ഇല്ല അങ്ങനെ നമ്മളെപ്പോലെ നമുക്കും പല പലതിനെ നിയന്ത്രിക്കാനും ഒക്കെയുള്ള സ്വാധീനമുണ്ട് ശക്തിയുണ്ട് ശേഷിയുണ്ട് നിയന്ത്രിക്കാനും നടത്തിക്കാനും എല്ലാം നമുക്കും കഴിയും പക്ഷേ അന്വേഷണം നമ്മൾക്കെന്താണ് അതിന് മറ്റു പലതിനെ ആശ്രയിക്കേണ്ടി വരും എന്നുവെച്ചാൽ പ്രധാനമായും നമ്മുടെ ശരീരത്തെ നമ്മുടെ മറ്റ് കരണങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നു നമ്മളെന്ന് പറഞ്ഞാൽ ജീവന്മാർ ഞാൻ നീ എന്നൊക്കെ പറഞ്ഞാൽ ജീവന്മാരെ ഉദ്ദേശിക്കും ആ ജീവന്മാർക്ക് അവന്റെ ശരീരവും കരണങ്ങളും ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളതിനെല്ലാം ഭരിക്കാൻ കഴിയും ഈശ്വരൻ അങ്ങനെ ജാത്യന്തരഭൂതം മറ്റൊന്നും തന്നെ അവിടെ ഇല്ല അസ്പന്തമായ ചിത്തത്തോടു കൂടിയിരിക്കുന്നു സ്വഭാവമഹിമയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാലും അവന് സർവത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്നു അതാണ് ഈശ്വരത്വം ജീവനാണെങ്കിലോ ജീവനെക്കുറിച്ച് പറയുന്നു പ്രാണബന്ധനം ഹി സൗമ്യമന സാന്തൂഹ്യത്തിന് പറയുന്നു ഇതിന് സമാനമായി ദുരധാരണ്യത്തിനും പ്രശ്നവംശത്തിനും മറ്റു പല വനിശത്വികളും പറയുന്നു അവിടെ എന്താണ് പറയുന്നത് പ്രാണബന്ധനം ഈ സൗമ്യമന അല്ലയോ പ്രിയപ്പെട്ടവനെ പിതാവ് തന്നെ ഈ മനസ്സ് ഈ ജീവൻ പ്രാണബന്ധനനാണ് ബ്രഹ്മത്തിൽ ബന്ധിക്കപ്പെട്ടവനാണ് അവന് ബ്രഹ്മത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ കഴിയില്ല അവൻ ഉണർന്ന് ജാഗ്രതായിരിക്കുമ്പോഴും എല്ലാം ഇവന്റെ കെട്ടുപാട് ബ്രഹ്മത്തിലാണ് സുഷുത്തിയിൽ അവനെന്ത് ചെയ്യുന്നു ഈ പ്രാണനോട് പ്രാണൻ എന്നു പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മം നിറും മനസ്സെന്ന് പറഞ്ഞാൽ ജീവനം നിറ കാരണം ജാഗ്രത്തിനും സ്വപ്നത്തിനുമെല്ലാം നമ്മളുപ് ചർച്ച ചെയ്തതാണ് ജീവൻ മനഃപ്രധാനനായിരിക്കുന്നു ശരീരവും കർമ്മങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അവിടെ മനസ്സിനാണ് പ്രാധാന്യം മനവും മുഖ്യം മനസ്സവിടെ മുഖ്യനായിരിക്കുന്നു അതുകൊണ്ട് ജീവനെ മനസ്സെന്ന് പറയാം മനസ്സിന് പ്രാധാന്യമുള്ള മനസ്സെന്നുള്ള ഒരു ഉപാധിയോടുകൂടി അവൻ സഞ്ചരിക്കുന്നു എവിടെ ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും സൃഷ്ടിയിലേക്കും സഞ്ചരിക്കുന്നു അവിടെയെല്ലാം അവന്റെ പ്രാണനായിരിക്കുന്ന എന്താണ് ആ പരമാത്മാവ് പ്രാണാപാനന്മാരെയല്ല പ്രാണനെന്ന് പറയുന്നു ആ ജീവന്റെ പ്രാണനായിരിക്കുന്നു എന്ന് വെച്ചാൽ ജീവന്റെ ആധാരനായി അത് ആ പരമാത്മാവാണ് ആ പരമാത്മാവിനോട് ഇവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അസുഹൃത്തിനും അതുതന്നെ സംഭവിക്കുന്നു ആ പരമാത്മാവിനോട് ജീവനെ ബന്ധിച്ചിരിക്കുന്നു അതവിടെ പറയുന്നു അതുകൊണ്ട് ജീവന്റെ പരിമിതമായ ഉപാധികൾ എല്ലാം വേറിട്ട് അവനാ അവസ്ഥയിൽ സുക്താവസ്ഥയിൽ അതിനോട് ഒന്നായതുപോലെയിരിക്കുന്നു അവനുള്ള ബന്ധനം എന്നുള്ള ശബ്ദം ഉപയോഗിച്ച് മുക്തനാകുന്നുണ്ട് അവന് അവിടെ അവനൊരു ബന്ധനശേഷിക്കുന്നുണ്ട് അവിടെയും അനൗവചനീയമായ ഉപാധികൾ അവനെ ബന്ധിച്ചിരിക്കുന്നു അതില്ലാതാകുന്നില്ല അത് എങ്ങനെ ഏത് രീതിയിൽ എന്നു ചോദിച്ചാൽ ആർക്കും വിശദീകരിക്കാൻ പറ്റത്തില്ല ശൂന്യതയെ നമുക്ക് വിശദീകരിക്കാൻ പറ്റട്ടു വിശദീകരണം എവിടെയെ പറ്റൂ സത്ത് അസത്ത് എന്നുള്ള അനുഭവങ്ങളടുത്ത് വിശദീകരണങ്ങൾ നടത്തും ജാഗ്രത നമുക്ക് വിശദീകരിക്കാം കാരണം ഇവിടെ ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവം അങ്ങനെ നിർവചിക്കാൻ പറ്റും ഇതിന് ഇവിടെ ഏത് ഇതിനെക്കുറിച്ച് നമുക്ക് തർക്കിക്കാം വാദപ്രതിവാദം നടത്താം ഉണ്ടെന്നും ഇല്ലെന്നും പറയാം ഈശ്വരൻ ഉണ്ടെന്ന് പറയാം ഈശ്വരൻ ഇല്ലെന്ന് പറയാം പ്രപഞ്ചമുണ്ടെന്ന് പറയാം ഇല്ലെന്ന് പറയാം കാരണം ഇവിടെ ഉണ്മയുടെയും ഇല്ലായ്മയുടെയും അനുഭവമാണ് അതുകൊണ്ട് ഈ വാദങ്ങളും തർക്കങ്ങളും വിവാദങ്ങളും എല്ലാം അന്ധമില്ലാതെ നീണ്ടുകൊണ്ടേയിരിക്കും കാരണം രണ്ടിനും തുല്യ സ്ഥാനമാണ് ഇവിടെ ഉണ്മയ്ക്കും ഇല്ലായ്മയ്ക്കും നമ്മുടെ വിവാദത്തിൽ തുല്യസ്ഥാനമാണ് പക്ഷെ ഇവിടെയോ സുഷൃപ്തിയിലാണെങ്കിലോ അവിടെ ഈ അനുഭവം ഉണ്ട് ഇല്ല എന്ന് പറയുന്ന രണ്ടനുഭവം അവിടെ സൃഷ്ടി നമുക്ക് ഞാനുണ്ടെന്ന് നമുക്ക് അറിവുണ്ടോ ഇല്ല ഞാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഉണർന്നു പോകും ഇല്ല എന്നുള്ള അനുഭവം ഉണ്ടോ ഞാനില്ലെന്ന് അത് ഉണർവിലേ സംഭവിക്കും ഉണ്ടില്ല എന്നുള്ള അനുഭവം അവിടെ ഇല്ല അതുകൊണ്ടാണ് അതിന് ശൂന്യം എന്ന് പറയുന്നത് ഉണ്മയും ഇല്ലയും ഇല്ലാത്ത അവസ്ഥ അതിന്റെ അനുഭവം ഇല്ലാത്ത അവസ്ഥ ആ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വിവാദത്തിലൂടെ ഒരു തീരുമാനത്തിന് എത്താൻ നോക്കത്തുണ്ട് യുക്തിചിന്തയിലൂടെ ഒരു തീരുമാനത്തിനും ഒക്കെ വ്യക്തമാക്കത്തുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വയ്യ ഒന്നിനും നിഷേധിക്കാനും വയ്യ രണ്ടു സാധ്യമുണ്ട് എന്തുകൊണ്ട് ജാഗ്രതത്തിലേക്ക് വന്നു ഉണർ ആ ഉറക്കത്തിൽ നിന്ന് ഒരാൾ പറയും ഒരാൾക്ക് പറയാം എന്താണോ അവിടെ ഇന്നതിന്നതൊക്കെ ഉണ്ടായിരുന്നു മേരാളെ യുവതി ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് തെളിവൊന്നുമില്ല അതുകൊണ്ടില്ലായിരുന്നു ഈ വിവാദത്തിനോട് യാതൊരു പ്രസക്തിയില്ല ഒന്നിനെയും അവിടെ ഉണ്ടെന്ന് സമർത്ഥിക്കാനോ ഒന്നിനെയും അവിടെ ഇല്ലെന്ന് സമർത്ഥിക്കാനോ സാധ്യമല്ല ഉണ്ടില്ല എന്ന് പറയുന്ന അനുഭവത്തിന് അപ്രമാണ അവസ്ഥ അതുകൊണ്ട് എന്തുകൊണ്ട് വന്നു ജാഗ്രതത്തിലേക്ക് അടുത്തു പറയും ദേവാസ യേശസ്വഭാവ ഇത് ദേവന്റെ സ്വഭാവമാണ് സ്പന്ദിക്കുക അസ്പന്ദമാകുക ഇതിന് സമാധാനം പറയാൻ സാധ്യമല്ല ശങ്കരാചാര്യർക്കും പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞു മായ എന്ന് പറഞ്ഞത് ഒരാചാര്യനും പറയാൻ പറ്റിയിട്ടില്ല ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നേ പറയാൻ പറ്റൂ അതുകൊണ്ട് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള പല വാദങ്ങളും പറഞ്ഞു പല വാദങ്ങളും പറഞ്ഞതിനു ശേഷം അവസാനം ഒരു ആചാര്യൻ എന്താണ് പറയുന്നത് ഇത് ആ ദേവന്റെ സ്വഭാവമാണ് എന്താണ് ഈ സുഷൃക്തി എന്ന് ചോദിച്ചാൽ നമുക്ക് അത്രേ പറയാൻ പറ്റൂ അത് ആ സ്വഭാവമാണ് അവിടെ നിന്ന് എന്തുകൊണ്ടിത് സംഭവിച്ചു നമുക്കറിവില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും മാന്യമായ ഉത്തരം അത് ശൂന്യതയിലവിടെ നമ്മുടെ അറിവ് പ്രവർത്തിക്കുന്നില്ല അവിടെ ദ്വന്വുമില്ല ദ്വന്വത്തിലെ അറിവ് പ്രവർത്തിക്കട്ടുള്ളൂ എന്നാലും ഇത് തിരിച്ചു വരുന്നു അതുകൊണ്ടിവിടെ പറയുന്നെന്താണ് അവിടെ ഒരു ബന്ധനം ഏതോ ഒരു ബന്ധനം ആ ബന്ധനത്തിനാണ് ആചാര്യസ്വാമികൾ പറയുന്നത് അനർവാച്യം തന്റെ ബുദ്ധിയൊണ്ട് അതിനെ തീരുമാനിക്കാൻ കഴിയുന്നില്ല ഈശ്വരന്റെ മഹിമെ ജീവന്റെ ബുദ്ധിയൊണ്ട് അങ്ങനെ നിർണ്ണയിക്കാൻ കഴിയും ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് പറയുന്നത് നിർവചിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു ബന്ധനം അവിടെ നിൽക്കുന്നു ഐ എം ഹി സർവസ്യ സർവ്വഭേദാവസ്ഥോ അന്തരനുപ്രവിശ്യം ഭൂതാനം നിയന്ത്രേഷൻ തന്നെയാണ് ഇവൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ജീവഭാവത്തെടുക്കരുത് ഈ ജീവഭാവം വിനയിച്ച ആ പരമാത്മഭാവത്തെടുക്കും അതാണ് വാസ്തവത്തിലുള്ള സുഷക്തി അവിടെ സർവ സർവഭേദാവസ്ഥോ ജ്ഞാത സർവഭേദാവസ്ഥ സർവ്വഭേദാവസ്ഥയുമ്പോ ഈ വിശ്വൻ വൈശ്വാനരൻ എന്നുള്ള ഈ അവസ്ഥകളുടെ എല്ലാം ജ്ഞാതാവായിരിക്കുന്നു ഇവൻ തന്നെ ഇവൻ തന്നെയാണ് സർവജ്ഞനായിരിക്കുന്നത് അവന് സ്പന്ദിക്കാനും അസ്പന്ദമായിരിക്കാനും കഴിയും അതുകൊണ്ട് അവൻ സർവജ്ഞനാണ് യേശ അന്തരിയാമി അവൻ തന്നെയാണ് അന്തരിയാമി ഒരുവൻ ഉറങ്ങുമ്പോഴും മറ്റൊരുവനിൽ ഉറങ്ങാത്തവനായിരിക്കുന്നു ഒരുവൻ സ്വപ്നം കാണുമ്പോഴും മറ്റൊരുവനിൽ ജാഗ്രത ഇങ്ങനെ ക്രമ അക്രമമായിരിക്കുന്നവൻ ആരാണ് അന്തര്യാമിയാണ് അന്തരനുപ്രവശ്യ സർവന്റെയും ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു അവൻ ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് ഇതിൽ അനുപ്രവേശം ചെയ്തു സർവേഷാം ഭൂതാനം നിയന്ത അവൻ തന്നെയാണ് ഇവിടെ നിന്നും ഒരിക്കലും ഞാനെന്ന് പറയരുത് ഞാനെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകും ജീവഭാവത്തിലേക്ക് വരും സർവഭൂതങ്ങളുടെയും സർവ്വജീവന്മാരുടെയും നിയന്താവായിരിക്കുന്നത് അവനിങ്ങനെ നിയന്ത്രാവായിരിക്കുന്നു ചിലരെ ഉറക്കുന്നു ചിലരെ ഉണർത്തുന്നു ചിലരെ സ്വപ്നം കാണിക്കുന്നു ഇതെല്ലാം ചെയ്യിക്കുന്നു ഈ സംസാരമെന്ന് പറയുന്നത് ഇത്രയോ ഉറങ്ങുക ഉണരുക സ്വപ്നം കാണുക ഇതിനപ്പുറം ഒരു സംസാരമില്ല ജീവാനുഭവമില്ല അങ്ങനെയിരിക്കുന്നു അതേവ യഥോക്തം സഭേദം ജഗത്പ്രസൂയത അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇവനാണ് ഈ സർവേശ്വരനാണ് ഈ പറഞ്ഞതായ ഭേദത്തോടു കൂടിയ ജാഗ്രസ്വപ്ന ഭേദത്തോടു കൂടിയിരിക്കുന്ന ഈ ജഗത്പ്രസൂയതയെ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നത് ആ സർവേശ്വരൻ ദേശയോനി ഇവനാണ് സർവസ്വയോനി സർവത്തിന്റെയും പരമകാരണമായിരിക്കുന്നത് ഭാരാണ് സൃഷ്ടിക്കുന്നത് അത്പഞ്ഞനായ ജീവനാണോ അതോ അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവാണോ എന്നിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവനാണ് കാരണമായിരിക്കുന്നത് അല്ല ഞാനല്ല ഞാൻ കാണുന്നത് കൊണ്ടൊന്നും അല്ല ഇത് നിലനിൽക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഈ ഭൂതങ്ങളുടെ ജീവന്മാരുടെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു ഭൂതാനാം എന്നുവെച്ചാൽ ജീവന്മാരുടെ ഈ ജീവന്മാരുടെയെല്ലാം പ്രഭവം ഉത്പത്തിസ്ഥാനം അപ്പ്യം ലയസ്ഥാനം രണ്ടും ഇവനാണ് താനാണോ സർവത്തിനെയും സൃഷ്ടിക്കുകയും നയിപ്പിക്കുകയും ചെയ്യുന്നു എന്നൊരു ജീവൻ അഭിമാനിക്കാൻ കഴിയും തന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് തന്നിലാണ് വിലയം പ്രാപിക്കുന്നത് ശാസ്ത്രത്തിൽ അങ്ങനെ പറയും എന്താണ് തന്നിൽ നിന്നാണ് ഇതുണ്ടായത് തന്നിൽ നിന്നാണ് വിലയം പറയുന്നത് അവൻ തെറ്റിദ്ധരിക്കുക എന്നെ കുറിച്ചാണ് പറയും ഇതൊക്കെ ഉണ്ടായത് എന്നിലാണ് വിലയം പ്രാപിക്കുന്നതെന്ന് പറഞ്ഞത് ധരിക്കും അത് അദ്വൈതത്തിനത് പറയുന്നത് അവിടെ എന്തിനാ പറയുന്നു താനെന്ന് പറയുന്ന എന്തിനാ ആ പരമാത്മാവിനെയാണ് പറയുന്നത് അല്ലാതെ ജീവനല്ല അതുകൊണ്ട് പറയുന്നു സർവീശ്വരനായിരിക്കുന്ന ആ പരമാത്മാവിൽ നിന്ന് ഇതെല്ലാം ഉണ്ടാകുന്നു ആ ഇതെല്ലാം താൻ ഉൾപ്പെടെ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്ന താനുൾപ്പെടെ ഈ ജീവൻ ഉൾപ്പെടെയെല്ലാം അതിൽ നിന്നുണ്ടായി അതിലേക്ക് വിലയും പ്രാപിക്കുന്നു ഇതാണ് ശ്രുതി പറയും അതുകൊണ്ട് ഈ ഭാഗം വ്യക്തമായും മനസ്സിലായിരുന്നെങ്കിൽ വേദാന്തത്തെ നമ്മൾ തെറ്റായി ധരിക്കും എങ്ങനെ ഞാനാണ് സൃഷ്ടിക്കടത്താവ് എന്റെ ബോധമാണ് സൃഷ്ടിക്കുന്നത് എന്നെല്ലാം ധരിച്ചു അല്ലെങ്കിൽ മനസ്സാണ് ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നത് എന്ന് ജീവനെ കേന്ദ്രീകരിച്ച് ചിന്തിച്ചു എന്റെ മനസ്സിനൊന്നിനെ സൃഷ്ടിക്കാൻ ശേഷി അങ്ങനെ തെറ്റായി ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ശാസ്ത്ര പ്രമാണത്തെ മുൻനിർത്തി പറയുന്നത് അങ്ങനെ അദ്വൈതത്തിൽ പറയുന്നില്ല നിന്റെ മനസ്സാണ് ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെയും പറയുന്ന അതെ ഗൂഢപാത കായികകളെക്കാളും വലിയ അദ്വൈതമില്ല ആരെക്കാളും വലിയ അദ്വൈതം പറയുന്നവര് അവിടെയും പറയുന്നത് എന്താണോ ഇത് ദേവന്റെ സ്വഭാവമാണ് നിന്റെ സ്വഭാവം എന്നുള്ള പറയും പരമാത്മ സ്വഭാവമാണ് പരമാത്മാവിന്റെ മഹിമയാണ് പ്രപഞ്ചം എന്നേ പറയുന്നു അപ്പഞ്ഞനായിരിക്കുന്ന അതുകൊണ്ട് ഞാൻ കണ്ണു തുറന്നു കാണുന്നുകൊണ്ട് ഇതൊക്കെ നിൽക്കുന്നു ഞാൻ കണ്ണെടുത്ത ഇതൊന്നുമില്ല എന്ന് പറയുന്നതിൽ ഞാൻ കുരുടനായ പ്രപഞ്ചമില്ല ഞാൻ ചെകിടനായ പ്രപഞ്ചമില്ല എന്നൊക്കെയാണ് അദ്വൈതം പറയുന്നതെന്ന് അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയ പ്രപഞ്ചമില്ല ചിലരങ്ങനെയാ പറയുന്നത് ഞാൻ ഉറങ്ങിയ പിന്നെ പ്രപഞ്ചമില്ല എന്നിവരെ പറയുന്നവരുണ്ട് ഇതാണ് അദ്വൈതമെന്ന് പറയുന്നത് വേണ്ട തലക്കിട്ടവരടി കൊടുത്താ പിന്നെ പ്രപഞ്ചമില്ല അതാണ് കുറച്ചുകൂടെ ശരി അങ്ങനെയൊന്നും കൂടെ പറയുന്നില്ല നമ്മുടെ ഉറക്കത്തെ ഉണർവിനെ ആശ്രയിച്ചത് അല്ല പറയുന്നുണ്ട് ഉണർവിനെയും ഉറക്കത്തെ ആശ്രയിച്ചാണെന്ന് ഇവിടെയും പറയുന്നത് പക്ഷെ സ്ഥാനെന്ന് തെറ്റിദ്ധരിക്കാതിരുന്നാണ് ആ പരമാത്മാവിന്റെ ഉണർവ് ആ പരമാത്മാവിന്റെ ഉറക്കമെന്ന് വേണമെങ്കിൽ പറയാം അതിനെയാണ് പറയുന്നത് എന്നാ സൂചിപ്പിക്കുന്ന ഈ ജീവന്റെ ഉണർവും ഉറക്കവുമല്ല അത് ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉപനിഷത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും കേവലം ജീവനെ കുറിച്ചാണ് കൂടെ പറയുന്നതെന്ന് ധരിക്കാതെ രണ്ട് ഭാവത്തെ ആ ചൈതന്യത്തിന്റെ സമഷ്ടി വൃഷ്ടി ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആത്യന്തികമായി ഇതെല്ലാം സംഭവിക്കുന്നു പരമാത്മാവിലാണ് എന്ന് ധരിച്ചു ഇതിനെ മനസ്സിലാക്കണം ഇനി വരുന്ന ഭാഗങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കണം അല്ലെങ്കിൽ അബദ്ധമായിപ്പോ അത്ര ഏതെ ശ്ലോകാഭവ ഇവിടെ ഇത്രയും മന്ത്രങ്ങളും ആറ് മന്ത്രങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും മന്ത്രങ്ങൾ അത് കഴിഞ്ഞ് കാര്യങ്ങൾ അങ്ങനെയാണിത് പോകുന്നത് അതിന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് യേശ സർവേശ്വര യേശ സർവജ്ഞ യേശോന്തര്യാമിയേശയോനി സർവ പ്രഭുവാപ്യയോ ഭൂത